ബഹുദൈവ വിശ്വാസികളിൽ ആരെങ്കിലും നിന്നോട് അഭയം തേടിയാൽ അള്ളാഹു സുബാനഹുഅലായുടെ വചനങ്ങൾ അവൻ കേൾക്കുന്നതുവരെ നീ അവൻ അഭയം നൽകുക പിന്നീട് അവനെ സുരക്ഷിതമായ സ്ഥലത്തെത്തിക്കുക അവർ അറിവില്ലാത്ത ജനതയായതിനാലാണിത്